ം ഇരുപത്തിമൂന്ന് ഏഴാം സംവത്സരത്തിൽ യഹോയാദൈര്യപ്പെട്ട് യഹോരാമിന്റെ മകൻ അസരിയാവ് യഹോഹാനാന്റെ മകൻ ഇസ്മയൽ ഓബേദിന്റെ മകൻ അസരിയാവ് അദായാവിന്റെ മകൻ മയശേയ സിക്രിയുടെ മകൻ എലി ഷഫാദ് ശതാധിപന്മാരോട് സഖ്യത ചെയ്തു അവർ യഹൂദയിൽ ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദാനഗരങ്ങളിൽ നിന്നും ലേവ്യരെയും ഇസ്രയേലിന്റെ പൃഥർഭവനത്തലവന്മാരെയും കൂട്ടി യെരുസലേമിൽ വന്നു സർവ്വസഭയും ദൈവാലയത്തിൽ വച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു അവൻ അവരോട് പറഞ്ഞത് ദാവീദിന്റെ പുത്രന്മാരെക്കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകേണം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആവത് പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശപത്തിൽ തവണ മാറി വരുന്ന മൂന്നിലൊരു ഭാഗം വാതിൽക്കാവൽക്കാരായിരിക്കണം മൂന്നിലൊരു ഭാഗം രാജധാനിയെങ്കിലും മൂന്നിലൊരു ഭാഗം അടിസ്ഥാന വാതിൽക്കലും നിൽക്കണം ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ണം എങ്കിലും പുരോഹിതന്മാരും ലേവ്യരിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത് അവർ വിശുദ്ധരാക അവർക്ക് കിടക്കാം എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം ലേവ്യരോ ഓരോരുത്തൻ താൻ താൻ്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിനു ചുറ്റും നിൽക്കണം മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോടുകൂടെ ഉണ്ടായിരിക്കണം ലേവ്യരും എല്ലാ യഹൂദയും യഹോയാത പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ഓരോരുത്തൻ താൻ താൻറെ ആളുകളെ ശപത്തിൽ തവണ മാറിപ്പോകുന്നവരെയും ശപത്തിൽ തവണ വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു യഹോയാദ പുരോഹിതൻ കൂരുകളെ വിട്ടയച്ചിരുന്നില്ല യഹോയാദ പുരോഹിതൻ ദാവിദരാജാവിന്റെ വകയായി ദൈവാലയത്തിലുണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വൻപരിചകളും ശതാദിമന്മാർക്ക് കൊടുത്തു അവൻ സകല ജനത്തെയും താൻ തന്റെ കൈയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിർത്തി അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ച് സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി യഹോയാതയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു രാജാവെ ജയ ജയ എന്ന് ആർത്തുവിളിച്ചു ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അഥല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്നു പ്രവേശനത്തിങ്കൽ രാജാവ് തന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അധല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്നു പറഞ്ഞു യഹോയാദ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തുവരുത്തി അവരോട് അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണം എന്ന് കൽപ്പിച്ചു അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുതെന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിന്റെ പ്രവേശനത്തിങ്കലെത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു അനന്തരം യഹോയാദ തങ്ങൾ യഹോവിയുടെ ജനമായിരിക്കുമെന്ന് താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു പിന്നെ ജനമൊക്കെയും ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തുകളഞ്ഞു ബാലിന്റെ പുരോഹിതനായ മഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വച്ച് കൊന്നുകളഞ്ഞു ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാത യഹോവയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചുകൊടുത്തിരുന്ന ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു വല്ല പ്രകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്തുകടക്കാതെ ഇരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതുക്കൾ കാവൽക്കാരെ നിയമിച്ചു അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്നിറക്കി മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്ന് രാജാസനത്തിൽ ഇരുത്തി ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു നഗരം സ്വസ്ഥമായിരുന്നു അഥല്ലിയെ അവർ വാൾ കൊണ്ട്